അഥയുടെ അർത്ഥം പറഞ്ഞു തീർന്നു സാധനചെയ സമ്പത്തിക്ക് ശേഷം രണ്ടാമത് വരുന്ന അധ കർമ്മഫലങ്ങൾ അനിത്യമായതുകൊണ്ട് ഈ രണ്ടു വാക്കുകളുടെ അർത്ഥം പറഞ്ഞു വളരെ ദീർഘമായ വയ്ക്കാൻ അതുകഴിഞ്ഞ് ഇനി വരുന്ന മൂന്നാമത്തെ പദമാണ് ബ്രഹ്മജിജ്ഞാസ ഇനി അതാണ് വ്യാഖ്യാനിക്കുന്നത് അപ്പോ ഭാഷത്തില് ബ്രഹ്മണോ ജിജ്ഞാസ ബ്രഹ്മജിജ്ഞാസ അതിന്റെ വിഗ്രഹം പറയുന്നു ബ്രഹ്മണ ജിജ്ഞാസ ബ്രഹ്മജിജ്ഞാസ ബ്രഹ്മണ എന്ന് പറയുന്നത് ്രഹ്മൻ ശബ്ദത്തിന്റെ ഷഷ്ടിയാണ് ഇനി പറയാൻ പോകുന്നത് വ്യാകരണമാണ് വ്യാകരണത്തെ കുറിച്ച് ഒരു പിടിയില്ലാത്ത ഒരു സഹിച്ചേ പറ്റും മൊത്തം വ്യാകരണമാണ് ബ്രഹ്മ ജിജ്ഞാസ ബ്രഹ്മസംബന്ധിയായ ജിജ്ഞാസ ബ്രഹ്മത്തെ കുറിച്ചുള്ള ജിജ്ഞാസ ജിജ്ഞാസ എന്നുവെച്ചുകൂടെ അർത്ഥം വരും ബന്ധിച്ച വി ജിജ്ഞാസ ബ്രഹ്മജിജ്ഞാസ കർത്തവ്യ ആചാരം ചെയ്യേണ്ടതാണ് അതാണ് സൂത്രത്തിന്റെ അർത്ഥം ഇത്രയും കൊണ്ട് സൂത്രാർത്ഥമായി അതെന്തായി അഥാ സാധനചമ്പത്തിശേഷം അഥാ കർമ്മഫലങ്ങൾ അനിത്യമായതുകൊണ്ട് ബ്രഹ്മത്തെ വിചാരം ചെയ്യേണ്ടതാണ് അർത്ഥം ബാക്കിയെല്ലാം അതിന്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണവും പൂർവ്വക്ഷവും സമാധാനവും എന്താണ് ഭാഷ ബ്രഹ്മണോ ജിജ്ഞാസ ബ്രഹ്മജിജ്ഞാസമാസ ഷ്ടി സമാസ ബ്രഹ്മണ ജിജ്ഞാസ എന്ന് പറയുന്നത് ഷഷ്ടീ സമാസ ആ സമാസത്തെ കുറച്ചറിഞ്ഞാലേ പറ്റൂച്ചറിഞ്ഞിരിക്കുന്നു ബഹുബുരി എന്താണ് തത്പുരുഷൻ എന്താണ് കർമ്മധാരൻ എന്താണ് സമാസം എന്നാണ് കുറച്ചുകൂടി മലയാളത്തിൽ സ്കൂളിൽ പഠിക്കുന്ന പത്താം ക്ലാസ്സില് വരെ പറഞ്ഞിട്ട് കാര്യ ഞാൻ ഇന്നലെ ഒരു എന്താണ് ഒരാള് ജാതിയെ കുറിച്ചൊരു വീഡിയോ ജാതിയെ കുറിച്ച് പറയുന്നുണ്ട് ഞാനത് കേട്ടു പറഞ്ഞ ആള് കുറഞ്ഞ ആളൊന്നുമല്ല എന്താണോ ആ വൈസ് ചാൻസലറാണ് അങ്ങനെ ഒരു കുറിച്ച് പറയുന്നു അങ്ങനെ കേട്ടും പോട്ടും അറിയത്തില്ല കേരളത്തിലെല്ലാരും പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനെന്നാണ് ഇവിടെയും വിളിച്ച് പ്രസവിക്കാറുണ്ടെന്ന് ഒന്നല്ലേ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാ അത് ബൌറി സമാസം എന്നാ പൊളി പറയുന്നത് സ്വന്തം പേര് അതുപോലെ അറിയത്തില്ല സ്വന്തം പേരിന്റെ സമാസം പറയുന്നത് ബൌറിയാണ് രാധ കൃഷ്ണൻ തത്പുരുഷനാണ് അപ്പൊ ഒരു വി സി ആയിരുന്നയാളാണ് പുള്ളിയുടെ പ്രസംഗം കേട്ടുകഴിഞ്ഞു അതായത് അവദ്ധം പറ്റിയല്ല വീണ്ടും ഇതുപോലെ രണ്ടു മൂന്നാവധം വീണ്ടും വീണ്ടും പറയുന്നു എന്നിട്ട് പുള്ളി ഒരു ഉപദേശം പഠിച്ചിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനാണെന്ന് എല്ലാരും അംഗീകരിക്കുന്ന ആളാണ് അപ്പൊ ഈ പ്രസംഗം കണ്ടിട്ട് ഒരാളുടെ പാണ്ഡിത്യം മനസ്സിലാക്കലെന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പ്രസംഗമെന്ന് പറഞ്ഞ തയ്യാറാക്കുന്നതാണ് അത് കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് തയ്യാറാക്കി കുറച്ച് ഷേയ്ക്സ്പിയറും പറയും കാളിദാസനും പറയും ഇതെല്ലാം കൂടെ എടുത്തിട്ട് അതിനാ സബ്ജക്റ്റില് അറിവ് വേണമെന്നില്ല അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് ഒരു പ്രസംഗം തയ്യാറാക്കിയ വളരെ ഇംപ്രസീവായി ആൾക്കാരെ പിടിച്ചിരുത്തക്ക രീതിയിൽ ഒരാൾ ഒരു പ്രസംഗം നടത്താൻ പറ്റും പ്രസംഗം നമ്മൾ എപ്പോഴും നടക്കും തയ്യാറാക്കി തന്നെ പറയും വെറുതെ ഒരു സ്റ്റേജ് ഇട്ടു പോകാൻ ചാടി കയറി വായി തോന്നിയത് ഓതയ്ക്ക് പെട്ടെന്ന് പറയുമ്പോൾ എന്തെങ്കിലും പിടിച്ചു പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നു ജനങ്ങളെ അത് ഇമ്പ്രസ് ചെയ്യിക്കത്തില്ല അപ്പൊ എവരൊക്കെ എന്നുവെച്ചാൽ അതിൽ മെടുക്കന്മാരാണ് അവർക്കറിയാം എങ്ങനെ പ്രസംഗം തയ്യാറാക്കണം നല്ല രീതിയിൽ അവർ പ്രസംഗം തയ്യാറാക്കി അത് ശരിയായ രീതി ഓർത്തു വെച്ച് ആ തയ്യാറാക്കിയ രീതിയിൽ തന്നെ പറയും അല്ല സ്റ്റേജിൽ പ്രസംഗിക്കാൻ കേറവും മനസ്സിലൊന്നും പറഞ്ഞു കിട്ടുന്ന വേറൊന്നും അങ്ങനെയാ ശരിയാവില്ല അതെ അല്ല അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് തയ്യാറാക്കണം തയ്യാറാക്കി ഒരു ഓർഡർ അനുസരിച്ച് അതിനിടയ്ക്ക് വോട്ടിങ്ങുകൾ ഒരുപാട് വേണം എവിടെ എന്നുവെച്ചാൽ കാർണൽ മാക്സ് പറഞ്ഞതിന്നാണ് ഷേക്സ്പിയർ പറഞ്ഞതിന്നെയാണ് മറ്റേ പറഞ്ഞത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഒരുപാട് കിട്ടുമായിരുന്നു ഇതെല്ലാം കൂടെ ചേർത്ത് പ്രസംഗം പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും നമ്മളിതെല്ലാം പഠിച്ച ആളാണ് എന്തോ ഒരു അറിവാണ് ആരെ കുറിച്ചൊക്കെ പറയും ഇതൊരു ടെക്നിക്കാണ് ഇങ്ങനെയാണ് ഇവരൊക്കെ പണ്ഡിതന്മാരാവുന്നത് അതേ സബ്ജെക്ട് എന്നാ പിന്നെ ഇത് പറയൂ ഈ മനുഷ്യനോട് ഞാനിതൊക്കെ ചോദിച്ചാൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി സംസ്കൃതത്തിൽ തെറ്റുകൂടാതെ ഒരു വാക്ക് എഴുതാവുന്ന ഏതെങ്കിലും അധ്യാപകരുണ്ടോ എന്ന് ചോദിച്ചു പുള്ളി നേരത്തെ ചോദിച്ചു ഒരാളുടെ പുള്ളിയാകും ഇതായിപ്പോയി ഒന്നും ഉണ്ടായി ഇറങ്ങിപ്പോയി എന്നോട് പിണങ്ങി ഇറങ്ങിപ്പോയി അങ്ങനെ ചോദിച്ചേ അത് ചോദിക്കുമല്ലോ സംസ്കൃതത്തെ കുറിച്ച് പറഞ്ഞോണ്ടോ ഒരു അവസരം ഉണ്ടായോണ്ടോ ഞാൻ ചോദിച്ചു ഒന്നും ഉണ്ടാകറങ്ങിപ്പോയി പിന്നെ കണ്ടിട്ടില്ല ഓഹോ അങ്ങനെ പറഞ്ഞു അത് കൊഴപ്പില്ല നല്ലതാ ജാതി വിരിക്കാൻ പോകത്തില്ലെന്നൊക്കെ പറഞ്ഞു ആ പ്രസംഗിക്കും അത് തയ്യാറാക്കിയാണ് പ്രസംഗം ഒരു കലയാണ് പ്രസംഗം എന്ന് പറയുന്നത് നമുക്ക് തയ്യാറാക്കണം എപ്പോഴും നമ്മൾ പ്രസംഗിക്കാൻ പോകുമ്പോഴത്തേക്ക് ഇതുപോലെ കൊറവോട്ടിങ്ങേർത്ത് അത് ചേർത്ത് എല്ലാം വരണവനാണത് ക്വാണ്ടം ഫിസിക്സും അതും എല്ലാം വേണം ചേർത്തിട്ടങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു ജനങ്ങൾക്ക് വലിയ ഇമ്പ്രഷനായിരിക്കും അതിന് സബ്ജെക്റ്റിനെ കുറിച്ച് അറിവൊന്നും വേണ്ട അതുകൊണ്ട് സമാസം അറിയാൻ വയ്യാതെ ഇത് ഷഷ്ടി സമാസം ബ്രഹ്മോ ജിജ്ഞാസ ആരും ഏ ഉം അത് ഇംഗ്ലീഷ് അറിയാത്തവരുമ്പിലാ പറയൂ മലയാളം ആൾക്കാരെ ചോദിച്ച അത് മനസിലായി അല്ല അതുകൂടെ പറയുന്ന കിടക്കാം എന്നാലും നമുക്കൊരു വിലയുണ്ടാവും ഈ ഒരു സ്വാമിയെ ഇംഗ്ലീഷ് പറയുന്നു പറഞ്ഞാൽ ഭയങ്കര ബഹുമാനമാണ് മലയാളം പറഞ്ഞാൽ വിലയൊന്നുമില്ല ഏഹ് ഭയങ്കര ബഹുമാനമുള്ളൂ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു വലിയ പഠിപ്പും വേദമുള്ള അതുകൊണ്ട് ഇംഗ്ലീഷ് പറയാം ഇനി മലയാളികളാണെങ്കിലും ഇടയ്ക്ക് ഒടിച്ച് ഇംഗ്ലീഷ് കൂടെ കയറ്റി അങ്ങ് പറയുന്നു പിന്നെ മലയാളവും പറയും ഇംഗ്ലീഷ് പറയാതിരിക്കരുത് ഇംഗ്ലീഷ് പറഞ്ഞാലേ ബഹുമാനം ഉണ്ടാവും ദക്ഷിണയും കൂടുതൽ കിട്ടും ബ്രഹ്മണോ ജിജ്ഞാസ ബ്രഹ്മജ്യമാണ് ലക്ഷണം ഭാഷയത്തിൽ പറയാൻ പോകുന്ന ലക്ഷണത്തോടുകൂടി ഇതാണ് ലക്ഷ്യമാണെന്ന് വെച്ചാൽ പറയാൻ പോകും ലക്ഷണത്തോടുകൂടിയാണ് ബ്രഹ്മ ജന്മാ ലക്ഷണം പറയണം ബ്രഹ്മസൂത്രത്തിന് ബ്രഹ്മത്തിന് പറയുന്ന ലക്ഷണം ഇതാണ് ജന്മാദ്യ ജന്മാതി ഏതാണോ അസ്യം എന്ന് വെച്ചാൽ ജഗത്തിന്റെ ഈ ലോകത്തിന്റെ ജന്മാധി ജന്മം സ്ഥിതി ഭംഗം എന്നുവെച്ചാൽ നാശം ഇതാണ് ബ്രഹ്മത്തിന്റെ ലക്ഷണം ഏതാണോ ഈ ജഗത്തിന്റെ ജന്മവും സ്ഥിതിയും നാശവും സംഭവിക്കുന്നു അതാണ് ബ്രഹ്മം ഇങ്ങനെ ബ്രഹ്മത്തിന്റെ ലക്ഷണം പറയാൻ പറ്റൂ പിന്നെ തടസ്സ ലക്ഷണമെന്ന് പറയും ച്ചാ ബ്രഹ്മ ഇന്നതാണെന്ന് നേരിട്ട് പറയല്ല ചിലപ്പോൾ ഇങ്ങനെയും പറയും സച്ചിദാനന്ദം ബ്രഹ്മ അങ്ങനെ പറഞ്ഞാലും ബ്രഹ്മലക്ഷണമാണ് അത് സ്വരൂപലക്ഷണം ബ്രഹ്മസൂത്രത്തിൽ പറയുന്നത് തടസ്സ ലക്ഷണം അങ്ങനെ പറയാൻ കാരണം എന്താണോ കാരണം ഒരു വാക്കുകൾക്കും ബ്രഹ്മത്തിനെ ബോധിപ്പിക്കാൻ ഉള്ള കഴിവില്ല യഥോ വാചോ നിവർത്തന്ത എവിടെ വാക്കുകളെല്ലാം പിന്മലിയുന്നത് അതുകൊണ്ട് ബ്രഹ്മത്തെക്കുറിച്ച് പറയാൻ വാക്കില്ല ബ്രഹ്മെന്ന് പറയുന്ന വാക്കിനും ബ്രഹ്മത്തെ വെളിപ്പെടുത്താൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് എവിടെ നിന്നാണോ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യദോന് ജീവന്തി യത്യന്തിഷത്തിൽ പറയുന്നതാണ് പഴയ കാലത്ത് പത്ത് മൂവായിരം നാലായിരം വർഷം മുമ്പേ ആൾക്കാർ പറഞ്ഞാണ് എങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ മനുഷ്യൻ ഇരുന്ന് ചിന്തിച്ച് ഈ ലോകം എവിടെ നിന്നുണ്ടായിരുന്നു ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു ആൾക്കാർക്ക് ഇവിടുന്നാ വരുന്നത് എവിടേക്കാ പോകുന്നത് ആൾക്കാർക്കൊരു പിടിയില്ല അവര് കുത്തിയിരുന്നു ചിന്തിച്ച് പ്രപഞ്ചം എവിടുന്നാ ഉണ്ടാവുന്നു അപ്പൊ ഇങ്ങനെയെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഗുഹയിലും കാട്ടിലും കൂടെ പ്രപഞ്ചം ഉണ്ടാവുന്നു എന്ന് മനസിലാക്കാൻ പറ്റുമോ മനസിലാക്കാൻ പറ്റുമോ ചിന്തിച്ച ഒരു പിടിയും കിട്ടത്തില്ല ഇപ്പൊ മരിച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു എന്നൊക്കെ മനുഷ്യൻ ചിന്തിച്ചവര് പിടിയും കിട്ടത്തില്ല അങ്ങനെ പിടികിട്ടാതെ വരുമ്പോ അതിന്റെ ഉത്തരവ് എന്താണ് ഈ ലോകം എവിടെ നിന്നുണ്ടായി എന്റെ ഉത്തരവ് എന്താ എന്താണ് ഈ ലോകം എവിടെ നിന്നുണ്ടായി എന്താണ് എന്റെ ഉത്തരവ് ശരീരത്തുള്ള തൊട്ടുള്ള ഉത്തരവെന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ഉത്തരം അറിയത്തില്ല അപ്പോ ഒരു കാര്യം അവർ മനസ്സിലാക്കി എന്തായാലും അതെന്തൊരു ഭയങ്കര സംഭവമായിരിക്കും അതിൽ നിന്നാണ് ഇതുണ്ടായത് എന്തോ ഒരു വലിയ ഒരു ഈ ലോകം ഉണ്ടായത് അപ്പോൾ വലുതാണെന്ന് പറയാൻ വേണ്ടിട്ടാണ് അവര് പറഞ്ഞത് ബ്രഹ്മം ബ്രഹ്മം എന്ന് വെച്ചാൽ വലുതെന്ന് നടത്തും അതിന്റെ അർത്ഥം അതാണ് ബ്രിഹി ബ്രിംഹി വൃദ്ധവും ഏറ്റവും വലുതെന്നുള്ള അർത്ഥം അപ്പൊ വലുതായ ഒന്നിൽ നിന്നാണ് ഇതുണ്ടായെന്നവരവസാനം തീരുമാനിച്ചത് അപ്പോ ഈ വലുതെന്നൊരു പേരിട്ട ഏതിനാണ് ആ അവർക്കറിയാൻ വയ്യാത്തവരൂടത്തെ പേരാണ് ഏറ്റവും വലുതായ എന്നൊരു പേരോളൂ പിന്നീടത് അന്നവര് പറഞ്ഞത് അവരത്രേ പറഞ്ഞോളൂ ബൃഹത്തായ ഏതോ ഒന്നിൽ നിന്നാണ് അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ ഒരു ദോഷമുണ്ട് ഏതോ ഒരു വലിയ ഒന്നിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഒന്നും ഉണ്ടാവുള്ള ഇതിലും വലുതായോന്നിൽ നിന്നാണെന്ന് അവരെങ്ങനെ ചിന്തിച്ചു ഇത് വെച്ചുകൊണ്ട് പിന്നീട് എന്ത് ചെയ്തു ഓരോരുത്തർ ഇതിനെ കുറിച്ച് തിരിച്ചും മുറിച്ചും തിരിച്ചും മുറിച്ചും ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചാണ് അതിന് പിന്നവര് ഈ പറയുന്ന സല്യൂട്ട് പേര് കൊടുത്തതിന് ഒരു സംഭവമാക്കി മാറ്റിയെടുത്തത് പിൽക്കാലത്ത് വന്ന് നൂറുകണക്കിന് പണ്ഡിതന്മാരാണ് ചിന്തിച്ചെന്ത് ചിന്തിച്ചതാണ് അതിന് ഒരു രൂപം കൊടുക്കുന്നു അതൊക്കെ പിൽക്കാലത്ത് ആ വരുന്ന കൂട്ടത്തിലാണ് ബ്രഹ്മസൂത്രവും മറ്റും വന്നു ഉപനിഷത്തിലായും ബ്രഹ്മം എന്നേ പറഞ്ഞോളൂ വലുതായ വന്നു പിന്നീട് അതിനെ ചിന്തിച്ചെന്ത് ചിന്തയിലൂടെയാണിത് മനുഷ്യൻ അറിവ് നേടുന്നത് അപ്പൊ ആദ്യത്തെ അവരുടെ അറിവില്ലായ്മയ്ക്ക് ഒരു പേര് കൊടുത്ത് അതിനെ വികസിപ്പിച്ചെടുത്താണ് പിൽക്കാലത്ത് എന്ത് പേര് പറഞ്ഞാലും അങ്ങനെ ഈ ബ്രഹ്മം വരുന്നത് അങ്ങനെയാണ് തത്വചിന്തയുടെ വഴി അതാണ് ജന്മാദേശി അതേവ ബ്രഹ്മശ്ദസ്യ ജാത്യാദി അർത്ഥാന്തരം ആശങ്കിത കാരണം അതേവാന്ന് വെച്ച ലക്ഷണം പറഞ്ഞു ബ്രഹ്മത്തിന്റെ അതുകൊണ്ട് തന്നെ ബ്രഹ്മശബ്ദ ഈ സൂത്രത്തിലെ ബ്രഹ്മശബ്ദത്തിന് ജാതി ആദി അർത്ഥാന്തരം നാശങ്കിതമ ജാതി തുടങ്ങിയ മറ്റർത്ഥങ്ങളൊന്നും എടുക്കരുത് ഇവിടെ ബ്രഹ്മസത്യം തപോവേദ ബ്രഹ്മിപ്രജാപതി നൌസലിംഗത്തിനുപയോഗിക്കുമ്പോൾ സത്യം തപസ് വേദം എന്നർത്ഥമുണ്ട് പുല്ലിംഗത്തിന് ഉപയോഗിക്കുമ്പോൾ പിപ്രൻ ബ്രാഹ്മണൻ പ്രജാപതി ഇങ്ങനെ അർത്ഥം പഞ്ചർത്ഥമുണ്ട് പ്രസിദ്ധമായ അർത്ഥങ്ങൾ അപ്പോ ആ അർത്ഥങ്ങളൊന്നും ഇവിടെ എടുക്കരുത് ഇവിടെ ഒന്നേ എടുക്കാവൂ ബ്രഹ്മം ജഗത്തിന് കാരണമായിരിക്കുന്ന ബ്രഹ്മം അപ്പം ആൾക്കാർക്ക് സമാധാനമായിരുന്നു നിങ്ങൾ ചിന്തിക്കുന്നു ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ ഒരു അസ്വസ്ഥതയാണ് ഉത്തരം കിട്ടിക്കഴിയുമ്പോൾ ഒരു സമാധാനമാണ് തൽക്കാലം ശരിയോ തെറ്റോ എന്തോ ആയിക്കൊള്ളട്ടെ ഉത്തരം കിട്ടിയ ഒരു സമാധാനമാണ് അങ്ങനെ പണ്ടുള്ളവർക്ക് ഒരു ഉത്തരം കിട്ടി അതാണ് ബ്രഹ്മം അതിന് നാനാർത്ഥമുള്ള ശബ്ദമാണെങ്കിലും ഇവിടെ ബ്രഹ്മെന്ന് പറഞ്ഞാൽ എന്താണോ ജാതി ബ്രാഹ്മണൻ എന്നർത്ഥം കൊടുക്കരുത് ആ അതൊന്നും എടുക്കരുതെന്നാണ് ജാതിവാദി അർത്ഥാന്തരം വേറെ അർത്ഥം ഒന്നും കൂടെ എടുക്കരുത് ബ്രാഹ്മണയിൽ കർമ്മണി ഷഷ്ടിന്റെ ശേഷേ അതും വ്യാകരണമാണ് ജിജ്ഞാസ ബ്രഹ്മ ജിജ്ഞാസ ബ്രഹ്മണ എന്ന് പറയുന്നത് ഷഷ്ടിയാണ് ഷഷ്ടി പലതരത്തിലുണ്ട് കർമ്മത്തിൽ ഷഷ്ടി വരാം പിന്നെ അല്ല വ്യാകരണത്തിന് സൂത്രമുണ്ട് കർത്ത കർമ്മോഹം കൃതി കർമ്മി ഷഷ്ടി എന്ന് പറയും കർമ്മത്തിന് ഷഷ്ടി വിഭക്തി ഒന്ന് പിന്നെ ഷഷ്ടി ശേഷേ ശേഷ ഷഷ്ടി വരാം സംബന്ധാർത്ഥത്തിലുള്ള ഷഷ്ടി രണ്ടു തമ്മിലുള്ള വസ്തുക്കൾ തമ്മിലുള്ള സംബന്ധത്തെ കാണിക്കാൻ വേണ്ടി ഷഷ്ടി ഉപയോഗിക്കുന്നു അതിന് സംബന്ധ ഷഷ്ടി എന്ന് പറയുന്നത് അതിനാണ് ശേഷ ഷഷ്ടി എന്ന് പറയുന്നത് ഒക്കെ വേകനത്തിന്റെ വിഷയമാണ് അപ്പൊ അതിനെ കുറിച്ച് തന്നെ ഭാഗതിന്റെ ഒരു ചർച്ചയാണ് വ്യാകരണം അപ്പൊ ഇവിടെ എന്താണ് കർമ്മണി ഷഷ്ടിയാണോ ശേഷ ഷഷ്ടിയാണോ എന്നുള്ള ഒരു ചർച്ച ഇവിടെ പറയുന്നു കർമ്മണി ഷഷ്ടിയാണ് ആദ്യം ബ്രഹ്മൻ ശബ്ദത്തിൽ ഷഷ്ടി വന്നിട്ട് പിന്നെ ബ്രഹ്മൻ ശബ്ദവും ജൈത്യാസയുമായിട്ട് സമാസം പറ്റും ബ്രഹ്മസൂത്രം പഠിക്കുന്നവര് ഈ ഭാഗം വരുമ്പോ അങ്ങ് സ്കിപ്പായി പോവുക ചെയ്യുന്നു വ്യാകൊന്നും അറിയാത്തവര് എന്തായി പറയുന്ന പിടിയും കിട്ടില്ല കർമ്മണി ഷഷ്ടി ശേഷി സിദ്ധാന്തവും പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിട്ടു പഠിക്കുന്നുണ്ടോ എത്രകാലൊടങ്ങിട്ട് സ്വപ്നപ്രകടണംമാസം കൊണ്ട് നാല് ക്ലാസ് പഠിക്കുന്ന ലക്ഷണമുണ്ട് ഒരു മാസം കൊണ്ട് നാല് ക്ലാസ് ഡെയിലി പഠിച്ചാൽ ഒരു വർഷം വേണം ചെയ്യണം അങ്ങ് ഡെയിലി പഠിക്കണെ പിന്നെ ഒരാഴ്ചയില് ഒരു മാസം നാല് ക്ലാസ് പറഞ്ഞു എത്ര വർഷം വേണം അങ്ങനെ പഠിച്ചാൽ ശരിയാകുന്നു പഠിച്ചിരുന്നാ നല്ലതാ ഇതൊക്കെ കഴിയുമ്പോൾ മനസ്സിലാവും ഇനി നോക്കണം ബ്രഹ്മജിജ്ഞാസ പദ വ്യാഖ്യാനമാ ബ്രഹ്മ ജിജ്ഞാസ ഇനി ഒരു ഉള്ളൂ മറ്റു രണ്ടും വ്യാഖ്യാനിച്ച് അതിന്റെ വ്യാഖ്യാനത്തെ കുറിച്ച് പറയും ബ്രഹ്മണായിരിക്കണി ശേഷണി ഷ്ടീസമാസ പ്രദർശന പ്രാചാ വൃത്തികൃത ബ്രഹ്മണേ ജിജ്ഞാസ ബ്രഹ്മജിജ്ഞാസ ചതുഥീസമാസ പരാസ്ത മീമാംസയിലാദ്യത്തെ സൂത്രമാണ് അതാദോ ധർമ്മ ജിജ്ഞാസ അവിടെ ചതുർത്ഥി സമാസമാണ് ധർമ്മായ ജിജ്ഞാസ ധർമ്മ ജിജ്ഞാസ അതിന്റെ ചുവട് പഠിച്ച് ശങ്കരായവർക്ക് മുമ്പ് ബ്രഹ്മസൂത്രം വ്യാഖ്യാനിച്ചാണ് ബ്രഹ്മണേ ജിജ്ഞാസ എന്ന് ചതുർഥീസമാസത്തിന് വിഗ്രഹിച്ചു അത് ശരിയല്ലെന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഷഷ്ടി സമാസം തൽക്കാലം അങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്ക കൂടുതൽ കൂടുതലും മനസ്സിലാക്കാൻ ശ്രമിക്കണ്ട ശ്രമിച്ചിട്ട് കാര്യമില്ല വ്യാകരണം അറിയാത്തവര് ഇത് ഷഷ്ടി സമാസ പ്രദർശനം ഇവിടെ ഷഷ്ടി സമാസം കാണിച്ചു ബ്രഹ്മണ ജിജ്ഞാസ പ്രാജാം വൃത്തി കൃതാം നുമ്പ് വൃത്തികാരൻ മുമ്പ് ബ്രഹ്മസൂത്രത്തിന് വേണ്ടി വ്യാഖ്യാനം എഴുതിയ ആളെയാണ് വൃത്തികാരണം എന്ന് പറയുന്നത് ബ്രഹ്മണേ ജിജ്ഞാസ ബ്രഹ്മജിജ്ഞാസ ഇത് ചതുർഥി സമാസം അദ്ദേഹം ഇങ്ങനെ വ്യാഖ്യാനിച്ചു ബ്രഹ്മേ ജിജ്ഞാസ ബ്രഹ്മജിജ്ഞാസ ചതുർഥി സമാസ പരാസ്ഥു എന്നാണ് ഇനി അവിടെ അല്പസമാസത്തെ കുറിച്ച് പറയാണ് മനസ്സിലാകുന്നില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടാൽ മതി വായിക്കാതിരിക്കാൻ പറ്റിട്ടുണ്ട് താതർത്യസമാസേ പ്രകൃതി പ്രതിഗ്രഹണം കടത്തവേ മിരിവാദേവ പ്രകൃതി വികാരഭൂതേഷു ചതുർഥി സമാസ നിയമ ചതുർഥി സമാസം എന്തുകൊണ്ട് പാടില്ല ബ്രഹ്മണി സമാസം പറയണം പാണിനീം പറയണം ചതുർഥി തദർത്ഥ ബലസുഖിത രക്ഷിതേഹി എന്നൊരു സൂത്രമുണ്ട് അതനുസരിച്ചു വേണം സമാസം വരേണ്ടത് പക്ഷെ അത് വരാൻ പാടില്ല യുപായതാരൂ യുഗതാരു ചതുർത്ഥി സമാസ നിർവഹാരവും കുറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തടി അങ്ങനെയാണ് യൂപദാരെന്ന് പറയുന്നത് കുറ്റിക്ക് വേണ്ടിയുള്ള തടി കൊറച്ചുകൂടി എളുപ്പം വേണമെങ്കിൽ പറയാം ദോഷമാവും ചതുർത്ഥി സമാസം ദോഷമാവെന്ന് പറഞ്ഞാ എന്താ അർത്ഥം ആ ഉണ്ട് വയല സമാസ പണ്ഡിതന്മാരായി ദോഷമുണ്ടാ എല്ലാര്ക്കും അറിയ ോസയ്ക്കുള്ളതാവും അപ്പൊ അയാൾക്ക് മലയാളിയായിട്ടും അയാൾക്ക് സമാസം അറിയില്ല ഇവിടെ എല്ലാവർക്കും അറിയാം ദോശയ്ക്കുള്ള മാു ദോശമാവും ജ്യോതി സമാസം ദോശയ്ക്ക് വേണ്ടിയുള്ള എന്ന് പറയുന്നു അവിടെ പാണിനി പറഞ്ഞിരിക്കുന്ന എന്താണ് എല്ലായിടത്തും ഇങ്ങനെ പറയാൻ പാടില്ല മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ അടുത്ത് മാത്രമേ ദോശമാവെന്ന് പറയാമൂ ചതുർദ്ദീശ മാസം മാവ് കൊണ്ടെന്നുണ്ടാകണം ആ ദോശയ്ക്ക് വേണ്ടിയുള്ള മാവ് അതുപോലെ ദോശയ്ക്ക് വേണ്ടിയുള്ള മാവ് ബ്രഹ്മത്തിന് വേണ്ടിയുള്ള ജിജ്ഞാസ ബ്രഹ്മം കൊണ്ട് ജിജ്ഞാസുണ്ടാക്കു ഇന്നുണ്ടോ ദോശയ്ക്ക് വേണ്ടിയുള്ള മാവ് ബ്രഹ്മത്തിന് വേണ്ടിയുള്ള ജിജ്ഞാസ കൊണ്ട് ബ്രഹ്മത്തെ ഉണ്ടാക്കും ഇല്ലല്ലോ അതുകൊണ്ട് അത് ശരിയാവില്ല അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേ അത് ശരിയാകും അതാണ് വ്യൂപായ ദാനം കുറ്റക്ക് വേണ്ടിയുള്ള തടി അങ്ങനെയുള്ളത്തേ പറ്റും ജിജ്ഞാസ കൊണ്ട് ബ്രഹ്മത്തെ അത് കുറയാൻ അതുകൊണ്ട് അതൊന്നും ശരിയല്ലെന്ന് തർക്കം ഇത്രയും മനസ്സിലാകും താതർത്യസമാസംന്ന് പറയുന്ന അതാണ് അതിനുവേണ്ടിയുള്ള സമാസം പ്രകൃതി വികൃതി ഗ്രഹണം അവിടെ കാര്യകാരണം എന്തുണ്ടെങ്കിലേ പറ്റും ദോഷമാവെന്ന് പറയുമ്പോൾ ദോഷ കാരണം ദോഷകാര്യം മാവ് കാരണം അങ്ങനെയുള്ള ഇടത്തേ പറ്റൂ പ്രകൃതി ഗ്രഹണം കർത്തവ്യം ഇതെയ്യ കാത്യ്യ വചനേന വാർത്തികം പറഞ്ഞിരിക്കുന്നു രൂപദാരും ആദി രൂപായൂപദാരു തുടങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമേ പ്രകൃതി വികാര കാര്യകാരണഭാവ് മാത്രമേ ചതുർഥി സമാസം നിയമ സമാസം വരാൻ പാടുള്ളൂ നമ്മളിത്രയും മനസ്സിലാക്കിയാൽ ഇവിടെ ചതുർത്ഥി സമാസ അല്ല ആ പ്രകൃതി ബ്രഹ്മജിജ്ഞാസാഹിത്യവുമാധു തന്ന പ്രകൃതി വികാര ഭാവം ഇണ്ടാത്തടത്ത് ബ്രഹ്മജിജ്ഞാസ ബ്രഹ്മനെ ജിജ്ഞാസ ജിജ്ഞാസ കൊണ്ട് ബ്രഹ്മം അതൊന്നും നടക്കുന്ന കാര്യമില്ല അങ്ങനെയുള്ള അവിടെ ഷഷ്ടി സമാസേ പറ്റൂ ചതുർത്ഥി സമാസം പറ്റത്തില്ല അതാണ് ആ പ്രകൃതി വികാരഭൂതയെ പ്രകൃതി കാര്യകാരണഭാവം ഇണ്ടാത്ത പ്രകൃതി എന്ന് വെച്ചാൽ കാരണം വികാരം കാര്യം ബ്രഹ്മജിജ്ഞാസ മാധവ് ബ്രഹ്മജിജ്ഞാസ തുടങ്ങി തന്ന നിഷേധ ചതുർഥി സമാസേധിക്കുന്നു അവിടെ വേറൊരു പ്രശ്നം വരും അശ്വഘാസമാരത്തിലും പ്രയോഗിക്കാറുണ്ടല്ലോ ഖാസെന്നു വെച്ചാൽ പുല്ല് അശ്വേഭ്യോ ഘാസം എന്ന് വെച്ചാൽ കുതിരയ്ക്കുള്ള പുല്ല് അശ്വാനാം ഖാസെന്നു പറഞ്ഞാൽ കുതിരയുമായി ബന്ധപ്പെട്ട പുല്ല് ഇതിലേതാ ശരി അതിനും വാർത്തകാരം പറഞ്ഞു അശ്വഖാസാദേവീ സമാസ അവിടെ അങ്ങനെ പറയാമോ അശ്വാനാം ഖാസഹ കുതിര സംബന്ധിയായിട്ടുള്ള പുല്ല് തന്നെ പറയാൻ പാടുള്ളൂടെ പ്രകൃതി വികാര ഭാഗമില്ല പുല്ലുകൊണ്ടല്ല കുതിരയുണ്ടാക്കുന്നത് പുല്ലുകൊണ്ട് കുതിരയുണ്ടാക്കുന്നില്ലല്ലോ ഇതൊക്കെ വിഷയമാണ് പിന്നെ അശ്വഖാസാദേവി ചതുർത്ഥിയാകാന്ന് പറയുന്ന ഭാഗങ്ങളുമുണ്ട് അശ്വഖാസാദേവിഷ്യന്തി ഇവിടെ ഷഷ്ടി സുമാസം പറഞ്ഞു വാർത്തകാരം പറഞ്ഞിട്ടുണ്ട് അശ്വഖാസാദു ഷഷ്ടി സമാസ പ്രതി അങ്ങനെ അശ്വഖാസിലൊക്കെ എന്താണ് ഷഷ്ടി സമാസം വീണ്ടും മരിച്ചിട്ടുണ്ട് അവിടെ പ്രകൃതി പ്രകൃതി ഭാഗമില്ല ഷഷ്ടി സമാസമാണ് അതുപോലെ ഇവിടെയും ഷഷ്ടി സമാസമാണ് ബ്രഹ്മമാണ് മുഖ്യം ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള വിചാരമെന്ന് പറയുമ്പോൾ മുഖ്യമായും ബ്രഹ്മത്തെ കുറിച്ചുള്ള വിചാരമെന്നാണ് അതാണ് വാസ്തവ അതുകൊണ്ടവിടെ തീരുമാനിക്കണം മുഖ്യമായി ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള വിചാരം ബ്രഹ്മണോ ജിജ്ഞാസേ തത്ര അനേകാർത്ഥത്വ ബ്രഹ്മശ്ദിന സംശയം ഇനി ബ്രഹ്മണോ ജിജ്ഞാസ എന്ന് പറഞ്ഞു ബ്രഹ്മശബ്ദത്തിന് അനേക അർത്ഥമുണ്ട് ബ്രഹ്മസത്യം തഥോ തപോ വേദ ബ്രഹ്മ വിപ്രപ്രജാപതി പല അർത്ഥമുണ്ട് അതാണ് ഇത്ര അനേകാർത്ഥത്തോ ആ ബ്രഹ്മശബ്ദ സംശയം വരുന്നത് കസ്യബ്രഹ്മണോ യജ്ഞാസ ഏത് ബ്രഹ്മം ബ്രാഹ്മണനെ കുറിച്ചുള്ള ജജ്ഞാസമാണോ വേദത്തെ കുറിച്ചുള്ള ജജ്ഞാസയാണോ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജജ്ഞാസയാണോ അസ്ഥി ബ്രഹ്മശബ്ദവും വിപ്രത്വജ്വാതവും ബ്രാഹ്മണൻ എന്നുള്ള ബ്രാഹ്മണജാതി എന്നുള്ള അർത്ഥത്തിൽ ബ്രഹ്മശബ്ദം ഉപയോഗിക്കുക ഉദാഹരണം പറയുന്നത് ബ്രഹ്മഹത്യ ബ്രഹ്മഹത്യ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണിനെ കൊല്ലം തേനയാണ് ബ്രഹ്മത്തെ കൊല്ലം തേനല്ല അസ്ഥിജ വേദ വേദത്തിൽ അതുപോലെതാ ഇവിടെ അങ്ങനെയാണ് എങ്ങനെ ഭഗവതി ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മൻ തന്നെ ഇവിടെ ബ്രഹ്മശബ്ദത്തിന്റെ അർത്ഥം പരമാത്മാവെന്നാണ് അപ്പൊ ബ്രഹ്മ ജിജ്ഞാസയുടെ ബ്രഹ്മശബ്ദത്തിന്റെ അർത്ഥം തമിമം സംശയോ ഭാഗം സംശയങ്ങളെല്ലാം നിഷേധിക്കുകയാണ് ബ്രഹ്മജ്യമാണ് ലക്ഷണം ബ്രഹ്മ എന്ന് പറയുന്നത് ഇനി പറയാൻ പോകുന്ന ലക്ഷണത്തോടു കൂടിയാണ് ഏതോ ബ്രഹ്മജിജ്ഞാസം പ്രതിജ്ഞാപനായ പരമാത്മലക്ഷണം പ്രണയതി തതോ അപഗാമ പരമാത്മജിജ്ഞാസം വിപ്രത്വജാത്യാദിജിജ്ഞാസ അതോ ബ്രഹ്മജിജ്ഞാസം പ്രതിജ്ഞ ഇവിടെ ആദ്യം ബ്രഹ്മജിജ്ഞാസയെ പ്രതിജ്ഞയുന്നു അതാതു ബ്രഹ്മജിജ്ഞാസത്തത് കഴിഞ്ഞിട്ട് തജ്ഞാപനായ ആ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നതിന് പരമാത്മലക്ഷണം പ്രണേലി ബ്രഹ്മത്തിന്റെ ലക്ഷണത്തെ ഉണ്ടാക്കുന്നു നിർമ്മിക്കുന്നു അതിന് ജന്മാധ്യസ്ഥാനുള്ള സൂത്രം തഥോ അവഗച്ച അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം പരമാത്മജിജ്ഞാസ് ഇവിടെ പറയുന്നത് പരമാത്മ ജിജ്ഞാസയാണ് ജിജ്ഞാസ ഇവിടെ ബ്രാഹ്മണ ജാതിയെ കുറിച്ചോ അല്ലെങ്കിൽ പ്രജാപതിയെ കുറിച്ചോ വേദത്തെ കുറിച്ചോന്നുള്ള ജിജ്ഞാസല്ലോ പറയുന്നത് മനസിലാക്കേണ്ടത് ഒരു ശബ്ദം ഒരടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ പല അർത്ഥം വരാമെങ്കിലും അവിടെ ആവശ്യമുള്ള അർത്ഥമേ എടുക്കാവും മറ്റർത്ഥങ്ങളൊക്കെ എടുത്താൽ ശരിയാകും പിന്നെ ഷഷ്ടി സമാസ പരിഗ്രേക്ഷണ ഷഷ്ടി സമാസം എന്ന് പറഞ്ഞു ഇപ്പൊ ഷഷ്ടിയുടെ സംബന്ധാർത്ഥത്തിലൂടെ ഷഷ്ടിയുണ്ട് കർമ്മഷ്ടിയുണ്ട് ഏത് ഷഷ്ടി പറയുന്നു ശേഷ ഷഷ്ടി എടുക്കണം സംബന്ധാർത്ഥത്തിലുള്ള ഷഷ്ടി അതുമൊക്കെ വ്യാകരണമാണ് ഷഷ്ടി സമാസ പരിഗ്രേവിനേയും കർമ്മഷ്ടി ഇന്ദു ശേഷലക്ഷണം ശേഷി കാരണം ശേഷ ഷ്ടി ശേഷ അവിടെ പറയുന്നു ശേഷം എന്ന് പറഞ്ഞാൽ സംബന്ധമാണ് ഏത് സംബന്ധമാകും അപ്പൊ ബ്രഹ്മസംബന്ധിയായ ജിജ്ഞാസ എന്ന അർത്ഥം കിട്ടും ബ്രഹ്മണോ ജിജ്ഞാസായി ബ്രഹ്മസംബന്ധിനെ ജിജ്ഞാസ്യുക്തം ഭൂതി അതുകൊണ്ട് ബ്രഹ്മണോ ജിജ്ഞാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം ബ്രഹ്മസംബന്ധിയായ ജിജ്ഞാസ എന്നർത്ഥം കിട്ടും തഥാച ബ്രഹ്മസ്വരൂപ പ്രമാണ യുക്തി സാധന പ്രയോജന ജിജ്ഞാസിജ്ഞാസ അതുകൊണ്ട് ബ്രഹ്മത്തിന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ എന്ന് വെച്ചാൽ എന്താണ് ബ്രഹ്മം പ്രമാണ ജിജ്ഞാസ ബ്രഹ്മത്തിനെന്താണ് പ്രമാണം ശ്രുതി പ്രമാണമാണ് ്രഹ്മയുക്തി ബ്രഹ്മത്തിനെന്താണ് യുക്തി അതിനെക്കുറിച്ചുള്ള ജിജ്ഞാസ പിന്നെ സാധനം ബ്രഹ്മജ്ഞാനത്തിലുള്ള സാധനം എന്താണ് പിന്നെ ജിജ്ഞാസ പിന്നെ ബ്രഹ്മ വിചാരം കൊണ്ട് എന്താണ് പ്രയോജനം ബ്രഹ്മപ്രയോജന ജിജ്ഞാസ അപ്പം ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ വരാം എന്തൊക്കെയാണെന്ന് ബ്രഹ്മസ്വരൂപം എന്താണ് ബ്രഹ്മത്തിന് എന്താണ് പ്രമാണം വേദപ്രമാണമാണ് ബ്രഹ്മത്തെ വിചാരത്തിനുള്ള യുക്തി എന്തൊക്കെയാണോ അത് പറയും പിന്നെ ബ്രഹ്മജ്ഞാനം മോക്ഷത്തിനുള്ള സാധനം എന്താണോ അതിനെക്കുറിച്ച് ചിന്ത പിന്നെന്താണ് ബ്രഹ്മ വിചാരം കൊണ്ടുള്ള പ്രയോജനം ഇങ്ങനെയുള്ള സർവ്വാ ജിജ്ഞാസ ഈ ജിജ്ഞാസകളെല്ലാം ബ്രഹ്മ ജിജ്ഞാസയുടെ ഇതെല്ലാം കൂടെ ചർച്ച ചെയ്യും ബ്രഹ്മത്തിന്റെ സ്വരൂപം എന്താണ് എന്താണ് അതിന് പ്രമാണം എന്താണ് യുക്തി ബ്രഹ്മത്തെ അറിയുന്നത് എന്താണ് സാധനം എന്താണ് പ്രയോജനം ബ്രഹ്മ ജിജ്ഞാസയാ അവരുദ്ധാഭവന്തി അപ്പം ബ്രഹ്മ ജിജ്ഞാസുണ്ട് ഇതെല്ലാം ഗ്രഹിക്കുന്നു ഇതിനെല്ലാം എടുക്കണം ഉൾക്കൊള്ളുന്നു അവരുദ്ധമാകുന്നു ഉൾക്കൊള്ളുന്നു സാക്ഷാത് പാരമ്പര്യ ബ്രഹ്മസംബന്ധപ്പ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്നുകിൽ നേരിട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ബ്രഹ്മവുമായിട്ട് സംബന്ധങ്ങളാണ് എന്തോ ബ്രഹ്മത്തിന്റെ സ്വരൂപം പ്രമാണം ബ്രഹ്മവിചാരത്തിലുള്ള യുക്തി ബ്രഹ്മ ജ്ഞാനത്തിന്റെ സാധനം അല്ലെങ്കിൽ മോക്ഷത്തിന്റെ സാധനം പിന്നെ ബ്രഹ്മവിചാരത്തിന്റെ പ്രയോജനം ജ്ഞാനത്തിന്റെ പ്രയോജനം ഇതെല്ലാം ബ്രഹ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ സംബന്ധ ഷഷ്ടിയെടുക്കുന്നത് എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിയണം കർമ്മിയാണു ബ്രഹ്മശബ്ദാർത്ഥ കർമ്മ സജ സ്വരൂപമേവേരി തത് പ്രമാണാതയോ നവരുദ്ധരൻ അപ്പോ ഇവിടെ കർമ്മഷ്ടിയെടുത്ത് എന്താ കുഴപ്പം ബ്രഹ്മശബ്ദ ബ്രഹ്മണഹ എന്ന് പറയുന്ന കർമ്മസൃഷ്ടി എടുത്താൽ എന്റെ അർത്ഥം വരും ബ്രഹ്മസ്വരൂപം സ്വരൂപത്തെക്കുറിച്ചുള്ള ജിജ്ഞാസേ വരും എന്ത് പ്രമാണത്തെക്കുറിച്ച് വരില്ല വ്യക്തിയെക്കുറിച്ച് വരത്തില്ല സാധനയെക്കുറിച്ച് വരത്തില്ല പ്രയോജനത്തെക്കുറിച്ച് വരത്തില്ല കാരണം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസ്വരൂപം ബാക്കിയുള്ളതിനെക്കുറിച്ചുള്ള വിചാരങ്ങൾ ഇല്ലാതെ അതുകൊണ്ടാണ് കർമ്മസൃഷ്ടിയാത് കർമ്മസൃഷ്ടി എടുക്കുകയാണെങ്കിൽ കർമ്മ ബ്രഹ്മശബ്ദത്തിന്റെ അർത്ഥം കർമ്മമാണ് സജസ്വരൂപ അത് സ്വരൂപമാണ് തത് പ്രമാണാതയോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബ്രഹ്മപ്രമാണം യുക്തി സാധനം പ്രയോജനം ഇതൊന്നും ചർച്ച ചെയ്യാതെ പോകും അവരുദ്ധീരൻ അത് ഗ്രഹിക്കുകയില്ല തഥാച്ച അപ്രതിജ്ഞാതാർത്ഥ ചിന്ത പ്രമാണാദിഷു ഭവേത് അപ്പോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നിടത്ത് പറയാത്ത കാര്യങ്ങൾ ചിന്തിച്ചതെന്ന് വരെ ബ്രഹ്മ ജിജ്ഞാസെന്നു പറഞ്ഞാൽ ബ്രഹ്മസ്വരൂപത്തെ കുറിച്ചുള്ള വിചാരമൊന്നേ വരും ബാക്കിയുള്ളത് പറയാത്തതാണ് ഏത് പ്രമാണം യുക്തി സാധനം പ്രയോജനം ഇതൊന്നും പറയാത്ത കാര്യങ്ങൾ പിന്നീട് ചിന്തിക്കുന്നവരും അതുകൊണ്ട് ഇവിടെ കർമ്മസഷ്ടിയല്ല ശേഷി സൃഷ്ടിയാണ് ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വ്യാകരണം അറിയാമെന്നുള്ളവർക്കല്ലാത്തവർക്ക് ഇതിന് പ്രധാന പ്രാധാന്യമൊന്നുമില്ല ൂപമേവേതി തതിജ്ഞാതമാണദി എം മന്യതാൻ പ്രത്യ ബ്രഹ്മണയു കമ്മണി അത്രേതുമാവശേഷിജ്ഞാപേക്ഷ ജിജ്ഞാസായ ഒരു വിഷയത്തെ കുറിച്ച് വിചാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തിനാണോ വിചാരിക്കുന്ന ആ വിഷയത്തിന്റെ അപേക്ഷയുണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യണം ജാതിയെ കുറിച്ച് വിചാരം ചെയ്യണമെങ്കിൽ വിചാരം ചെയ്യുന്നതിന് ജാതി എന്ന് പറയുന്ന ഒരു വിഷയം വേണം മതത്തെക്കുറിച്ച് വിചാരം ചെയ്യണമെങ്കിൽ മതം എന്ന് പറയുന്ന ഒരു വിഷയം വേണം അല്ല ബ്രഹ്മത്തെക്കുറിച്ച് വിചാരം ചെയ്യണമെങ്കിൽ അവിടെ ബ്രഹ്മം എന്ന് പറയുന്ന ഒരു വിഷയം വേണം ജിജ്ഞാസ്യം ഏതെന്തിനെ കുറിച്ചാണോ വിചാരം ചെയ്യുന്നത് അതാണ് ജിജ്ഞാസ്യപേക്ഷത്വാ അതിനെ അപേക്ഷിക്കുന്നു എന്ത് ജിജ്ഞാസ വിചാരം ജിജ്ഞാസ്യ നിർദ്ദേശം ഇവിടെ എന്തിനെക്കുറിച്ചാണ് വിചാരം ചെയ്യേണ്ടത് വേറെയും പറയുന്നില്ല ബ്രഹ്മത്തെ പറയുന്നുള്ളൂ അതൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്നാണ് കാരണം പൊറമീമാംസയുടെ ധർമ്മത്തെക്കുറിച്ചാണ് വിചാരം ചെയ്തത് ഇവിടെ അതല്ല ഇവിടെ ബ്രഹ്മത്തെക്കുറിച്ചാണ് എന്തിനു വീണ്ടും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി പറയുന്നു അവിടെ ധർമ്മത്തെക്കുറിച്ച് വിചാരം ചെയ്തു യാഗാദികളെ കുറിച്ചാണ് അവിടെ ധർമ്മം എന്ന് വെച്ചാൽ യാഗവും മറ്റും ഇവിടെ വിചാരം ചെയ്യുന്ന എന്തിനെ കുറിച്ച് ്രഹ്മത്തെക്കുറിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് പൊതുവെ പറയുന്നത് പിന്നെ ജിജ്ഞാസ എന്ന് വെച്ചാൽ ഞാൻ ഇച്ഛ എന്നാണ് അവസാനം പറയും ജിജ്ഞാസന്ന് വെച്ചാൽ വിചാരമാണെന്ന് പറയും പക്ഷെ ജിജ്ഞാസയുടെ വാക്കിന്റർത്ഥം അങ്ങനെയല്ല അറിയാനുള്ള ആഗ്രഹം അതാണ് ജിജ്ഞാസ റിയുന്നതിനുള്ള ആഗ്രഹം എന്നാണ് പറയുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ജിജ്ഞാസ എന്ന് പറയുന്നിടത്ത് അറിയുന്നതിനുള്ള ഒന്നെന്താണ് ഉറക്കം വരുന്ന അറിവ് രണ്ടാമതെന്താണ് ആഗ്രഹം അറിയുന്നതിനുള്ള ആഗ്രഹം എന്ന് പറയുന്നിടത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അറിവ് മറ്റൊന്ന് ആ ഗ്രഹം രണ്ടൊന്നാണ് രണ്ടും രണ്ടാണ് അതിനെ കുറിച്ചാണ് കൂടെ പറയുന്നത് അത് രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇച്ഛായ പ്രതി പ്രതിപത്തി അനുബന്ധോജ്ഞാനം ബ്രഹ്മജിജ്ഞാസ ബ്രഹ്മണോ ജിജ്ഞാസ ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ബോധം ഈ വാക്യം കേൾക്കുമ്പോൾ നമ്മളീ വാക്യം ഇങ്ങനെ കേൾക്കുകയാണ് ബ്രഹ്മണോ ജിജ്ഞാസ ബ്രഹ്മജിജ്ഞാസ ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ബോധമുണ്ടാകും ശാബ്ദബോധം അത് അതിന്റെ അർത്ഥത്തെക്കുറിച്ചുള്ള ബോധമാണ് അതിന് ശാബ്ദബോധമെന്ന് പറയും ശബ്ദത്തെക്കുറിച്ചുള്ള ബോധമുണ്ട് ശബ്ദത്തെ കുറിച്ചുള്ള ബോധത്തെ എന്താ പറയുന്നത് ശബ്ദബോധം അർത്ഥത്തെ ബോധത്തെ എന്താ പറയുന്നത് വ്യത്യാസം പശു എന്നൊരു ശബ്ദം കേട്ടു നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ബോധം അതിന് ശബ്ദബോധം പശു എന്നുള്ള ശബ്ദം കേൾക്കുമ്പോ ആ ജീവിയെ കുറിച്ച് നമ്മുടെ ബോധം ഉണ്ടാകും അതിനെന്തു പറയും ശബ്ദബോധം ോധം എന്ന് പറഞ്ഞത് ശരിയാണ് ഇപ്പൊ ബ്രഹ്മജിജ്ഞാസ എന്ന് കേട്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശബ്ദബോധം അതിനെയാണ് ഇവിടെ പറയുന്നത് ഇച്ഛയുടെ പ്രതിപത്തി എന്ന് വെച്ച ബോധം ബ്രഹ്മജിജ്ഞാസ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇച്ഛയെക്കുറിച്ച് ബോധം ഉണ്ടാവുമല്ലോ കാരണം ജിജ്ഞാസ അതും ഇച്ഛയാണ് അറിയാനുള്ളത് ഇച്ഛയാണ് അപ്പൊ ബ്രഹ്മജിജ്ഞാസ എന്ന് കേൾക്കുമ്പോ കേൾക്കുന്ന ആളിന് ഇച്ഛയെ കുറിച്ചുള്ള ബോധ്യമുണ്ടാവും ബോധമുണ്ടാവും ഇച്ഛയെ കുറിച്ചുള്ള ബോധമുണ്ടായിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ട കാര്യം ആ ബോധത്തിന് വിഷയമായിരിക്കുന്ന എന്താണ് ഇച്ഛ പുസ്തകത്തെക്കുറിച്ച് ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ബോധത്തിന് വിഷയമാവുന്ന എന്താണ് പുസ്തകം ഇച്ഛയെ കുറിച്ച് ബോധമുണ്ടായാൽ ബോധത്തിന് വിഷയമാവുന്നത് നമ്മുടെ പറഞ്ഞിരിക്കുന്നത് ഇച്ഛായഹി പ്രതിപത്തി അനുബന്ധോ ജ്ഞാനം ഇച്ചയെക്കുറിച്ചുള്ള പ്രതിപത്തി ബോധമുണ്ടായാൽ അതിനോട് ബന്ധപ്പെട്ട് വരുന്നതാണ് ജ്ഞാനം എന്നർത്ഥം ഇച്ചയെ കുറിച്ചുള്ള ബോധമുണ്ടായാൽ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒന്നാണ് എന്ത് ജ്ഞാനം എന്നുകൊണ്ട് ബ്രഹ്മജിജ്ഞാസ എന്ന് നമുക്ക് ഇച്ഛയെക്കുറിച്ചുള്ള ബോധമുണ്ടാകും ഉച്ചയെ കുറിച്ചുള്ള ബോധം ഉണ്ട് അപ്പൊ ആ ബോധത്തിന്റെ വിഷയമായി ഇച്ച അപ്പൊ ഇവിടെ പറയുന്നു ഉച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതാണ് ബോധം അപ്പോ അത് എങ്ങനെയാണ് ബോധം ബ്രഹ്മ ജിജ്ഞാസ ബ്രഹ്മത്തെ അറിയുന്നതിനുള്ള ആഗ്രഹം ബ്രഹ്മത്തെ അറിയുന്ന ആഗ്രഹം ആഗ്രഹത്തിൽ ബ്രഹ്മത്തെ അറിയുന്നതിനുള്ള ആഗ്രഹം ശരിക്ക് നോക്കുക ബ്രഹ്മത്തെ റിയുന്നതിനുള്ള ആഗ്രഹം എന്ന് പറയുന്നിടത്ത് എന്തിനെ അറിയുന്നതിനുള്ള ആഗ്രഹം അപ്പൊ ബ്രഹ്മത്തെ അറിയുന്നതിന് അപ്പൊ അറിവിന്റെ വിഷയം എന്തായി ബ്രഹ്മം അതാണ് ഇവിടെ പറയുന്നത് ജ്ഞാനസ്ഥിത ബ്രഹ്മ ജ്ഞാനത്തിലൂടെ അറിയേണ്ടത് ബ്രഹ്മത്തെയാണ് ആ വാക്യത്തെ ശരിക്ക് വിശദനം ചെയ്യേണ്ടത് ബ്രഹ്മത്തെ അറിയുന്നതിനുള്ള ഗ്രഹം അവിടെ അറിവ് ബ്രഹ്മത്തെ സംബന്ധിച്ചാണ് ആഗ്രഹത്തിന്റെ എന്താ അറിവെന്ന് പറയുന്നത് ബ്രഹ്മത്തിന്റെ ആ അറിവിന്റെ വിഷയമാണ് ബ്രഹ്മം അതാണ് ബ്രഹ്മ എന്നാ അറിയേണ്ട വിഷയം എപ്പോഴും അർത്ഥമാണ് ജേയം എന്ന് പറഞ്ഞാൽ അറിയേണ്ട വിഷയം ബ്രഹ്മത്തെ അറിയുമ്പോ അറിയേണ്ട വിഷയമാണ് എന്ത് ബ്രഹ്മം ബ്രഹ്മം ജ്ഞാനമല്ല ബ്രഹ്മം മേറെയാണ് ജ്ഞാനം മേരെയാണ് ബ്രഹ്മത്തെ കുറിച്ചുള്ള ജ്ഞാനം നമുക്ക് ഇതൊക്കെ സാന്നിധ്യം പറയുമ്പോ എല്ലാം കുഴപ്പത്തിലായി കാരണം ഈ ബ്രഹ്മം എന്ന് പറയുന്നത് ജ്ഞാനമാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാലും ജ്ഞാനമാണ് എന്നാൽ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം എന്ന് പറയുമ്പോ അതെന്തായി അവിടെ ബ്രഹ്മന്യായമായി ജ്ഞാനമേറെ ഇപ്പൊ ജ്ഞാനമായിരിക്കുന്ന ബ്രഹ്മന്യായമാകുന്നു അറിയപ്പെടുന്നതാകുന്നു ഇത് ജ്ഞാനത്തിന്റെ ഒരു പ്രത്യേകതയാണ് അത് ജ്ഞാനം തന്നെ ന്യമായും ജ്ഞാനമായും വരി ബ്രഹ്മജ്ഞാനം എന്ന് പറയുമ്പോൾ ബ്രഹ്മം ഞേയമായി ആ ഞേയമായ ബ്രഹ്മത്തിന്റെ ജ്ഞാനം വേറെയായി ഇത് തിരിച്ചറിയും ഇത് വേറെ തിരിച്ചറിയും ഖലു ജ്ഞാനം ഞേയം വിനാസ് നിരൂപ്യതേ ഇതൊരു പൊതുവായ സിദ്ധാന്തമാണ് ജ്ഞാനമെന്ന് പറയുന്നത് ഞേയത്തെ കൂടാതെ ഒരിക്കലും ജ്ഞാനത്തിന് നിലനിൽപ്പില്ല മനസ്സിലായോ ഈ പുസ്തകത്തെ ഞാൻ അറിയുന്നു പുസ്തക ജ്ഞാനം എന്ന് പറയുന്നടുത്ത് പുസ്തകമില്ലാതിന് ഞാനുണ്ടാ പുസ്തകമില്ലാതിന് പുസ്തകം ഞാനും ഉണ്ടോ അപ്പൊ ഞേയത്തെ കൂടാതെ ജ്ഞാനം നിലനിൽക്കില്ല പുസ്തക ജ്ഞാനം എന്ന് പറയുന്നിടത്ത് പുസ്തകത്തെ കുറിച്ചുള്ള ജ്ഞാനം പുസ്തകം ജേയമാണ് പുസ്തകം ഞേയമാണ് പുസ്തകം എന്ന് പറയുന്ന ഞേയം ഇല്ലാതെ അറിയേണ്ട പുസ്തകം എന്നാ ഞേയത്തിന്റെ അടുത്ത് ജ്ഞാനം നിലനിൽക്കില്ല ഇത്രയൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി പിന്നെ അത് കൂടിപ്പോകും ഒരുമിച്ചെല്ലാം കൊടുപ്പാൽ